لَقَدْ حَقَّ الْقَوْلُ عَلَىٰ أَكْثَرِهِمْ فَهُمْ لَا يُؤْمِنُونَ أَوَرِلْ مِكْكَ وَرُوْدَ كَارِتِّلُمْ شِرْتْحَيَ سَمْبَدْدِچَّ وَجَنَمْ سَتْتْحَمَائِي بُلَرْ نِرِكُنُمْ عَدِنَالْ أَوَرْ وِشَّوَ سِكُّ غَيِّلَّا إِنَّ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 ൂയമ്മിനോ നീ അവർക്ക് താക്കീത് നൽകിയോ അതല്ല താക്കീത് നൽകിയില്ലേ എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സമമാകുന്നു അവർ വിശ്വസിക്കുകയില്ല إِنَّمَا تُنذِرُ مَنِ اتَّبَعَ الذِّكْرَ وَخَشِيَ الرَّحْنَانَ بِالْغَائِبَ فَبَشِّرْهُ بِمَغْفِرَتٍ وَأَجْرٍ كَرِيمٍ بودنم بِنبَتْتُ گئیُمْ عدرسي آوسته يل پرم کارونيگنے بھائب پڑو گئیُمْ سَيْدَوَنُ مَاتْرَمَ نِنْدَ تَعْكِيدُ بَلَبْ پَڑو گئیُمْ لُمْ آگے آل പാപമോചനത്തെയും ഉദാരമായ പ്രതിഫലത്തെയും പറ്റി അവന് സന്തോഷവാർത്ത അറിയിക്കുക തീർച്ചയായും നാം തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് അവർ ചെയ്തുവച്ചതും അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങളും നാം എഴുതിവെക്കുകയും എല്ലാ കാര്യങ്ങളും വ്യക്തമായ ഒരു രേഖയിൽ നാം നിജപ്പെടുത്തിവെച്ചിരിക്കുന്നു ആ രാജ്യക്കാരെ ഒരു ഉദാഹരണമെന്ന നിലക്ക്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 ഇല്ല ഉൻ വ്യക്തമായ പ്രബോധനമല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയുമില്ല ഓനു ഇന്ന ചൊക്കയൊറു നദിക്കും വലയമെന്നക്കും വലയമെന്നക്കും ഇന്ന ഹു അലീം ജനങ്ങൾ പറഞ്ഞു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 ആദൂതന്മാർ പറഞ്ഞു നിങ്ങളുടെ ശകുനപ്പിഴ നിങ്ങളുടെ കൂടെയുള്ളത് തന്നെയാകുന്നു നിങ്ങൾക്ക് ഉദ്ബോധനം നൽകപ്പെട്ടാൽ ഇതാണോ നിങ്ങളുടെ നിലപാട് എന്നാൽ നിങ്ങൾ ഒരു അതിരുകവിഞ്ഞ ജനത തന്നെയാകുന്നു പട്ടണത്തിന്റെ അങ്ങേ അറ്റത്തുനിന്ന് ഒരാൾ ഓടിവന്നു പറഞ്ഞു എന്റെ ജനങ്ങളെ നിങ്ങൾ ദൂതന്മാരെ പിന്തുടരുവി നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കാത്തവരും സന്മാർഗം പ്രാപിച്ചവരും ആയിട്ടുള്ളവരെ നിങ്ങൾ പിന്തുടരുക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 إذن لفي ضلال مبين أَنْغَنَ سَيُّنَّ پَتْشَمْ تِيرْجَيَآيُمْ نَعَنْ بِيَكْتَ مَآيَ دُرْمَارْكَ تِلَعَيْدِكُمْ إِنِّي آمَنْتُ بِرَبِّكُمْ فَاسْمَعُونَ تِيرْجَيَآيُمْ نَعَنْ نِنْغَلُوَدَ رَجْشِدَ آوِلْ لِلْ وِشْوَسِ چِرِكُنَّمْ أَذُ كُنْدُ نِنْ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 ിന്ദി വമ കുന്ന അദ്ദേഹത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ജനതയുടെ നേരെ ആകാശത്തുനിന്ന് സൈനിക സംഘത്തെയൊന്നും നാം ഇറക്കിയിട്ടില്ല െ ഇറക്കാറുണ്ടായിരുന്നു അത് ഒരൊറ്റ ഘോര ശബ്ദം മാത്രമായിരുന്നു അപ്പോഴേക്കും അവരതാ കെട്ടടങ്ങി കഴിഞ്ഞു ആ ദാസന്മാരുടെ കാര്യം എത്ര പരിതാപകരം ഏതൊരു ദൂതൻ അവരുടെ അടുത്ത് ചെല്ലുമ്പോഴും അവർ അദ്ദേഹത്തെ പരിഹസിക്കാതിരുന്നിട്ടില്ല അലമ്യം അവർക്കു മുമ്പ് എത്രയെത്ര തലമുറകളെ നാം നശിപ്പിച്ചു അവരാരും ഇവരുടെ അടുത്തേക്ക് തിരിച്ചുവരുന്നില്ല എന്ന് അവർ കണ്ടില്ലേ തീർച്ചയായും അവരെല്ലാവരും ഒന്നൊഴിയാതെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നവരാകുന്നു അവർക്കൊരു ദൃഷ്ടാന്തമുണ്ട് നിർജീവമായ ഭൂമി അതിന് നാം ജീവൻ നൽകുകയും അതിൽ നിന്ന് നാം ധാന്യം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് അതിൽ നിന്നാണ് അവർ ഭക്ഷിക്കുന്നത് ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ അതിൽ നാം ഉണ്ടാക്കുകയും അതിൽ നാം ഉറവിടങ്ങൾ ഒഴുക്കുകയും ചെയ്തു അസലയുറൂ അതിന്റെ ഫലങ്ങളിൽ നിന്നും അവരുടെ കൈകൾ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്നും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 وَالشَّمْسُ تَجْرِي لِمُسْتَقَرِّ اللَّهِ ذَٰلِكَ تَقْدِيرُ الْعَزِيزِ الْعَلِيمِ سُورِيَنْ آدينُ تِرَمَا يُلَّا أُرُسْتَانَتَّيكِ سَنْجَرِكُنْ بردابيُمْ سَرْوَتْ نَمَعَيَا اللَّهُ كَنَكَّا كِيَدَانَدُ وَالْقَمَرَ قَدَّرْنَاهُ مَنَازِلَ حَتَّى آدَكَ الْعُرُجُونِ ال ചന്ദ്രന് നാം ചില ഘട്ടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു അങ്ങനെ അത് പഴയ ഈന്തപ്പഴക്കുലയുടെ വളഞ്ഞ തണ്ടുപോലെ ആയിത്തീരുന്നു ലക്ഷ്യം സൂര്യനും ചന്ദ്രനെ പ്രാപിക്കാനൊക്കുകയില്ല രാവു പകലിനെ മറികടക്കുന്നതുമല്ല ഓരോന്നും ഓരോ നിശ്ചിത ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു അവരുടെ സന്തതികളെ ഭാരം നിറച്ച കപ്പലിൽ നാം കയത്തിക്കൊണ്ടുപോയതും അവർക്കൊരു ദൃഷ്ടാന്തമാകുന്നു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 مِنْ آيَةٍ مِنْ آيَاتِ رَبِّهِمْ إِلَّا كَانُوا عَنْهَا مُعْرِضِينَ അവരുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട ഏതൊരു ദൃഷ്ടാന്തം അവർക്ക് വന്നെത്തിയാലും അവർ അതിൽ നിന്ന് തിരിഞ്ഞുകലയാതിരിക്കുന്നില്ല വഇലാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റജഖഖുല്ലാഹു ഖാല അൽളസീന കഫറു ലിൽളസീന ആമനൂ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 അവർക്ക് സാധിക്കുകയില്ല അവർക്ക് അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങാനും ആകുകയില്ലൂൻ കാഹളത്തിൽ ഊതപ്പെടും അപ്പോൾ അവർ കബറുകളിൽ നിന്ന് അവരുടെ രക്ഷിതാവിങ്കലേക്ക് കുതിച്ചു ൂ അവർ പറയും നമ്മുടെ നാശമേ നമ്മുടെ ഉറക്കത്തിൽ നിന്ന് നമ്മെ എഴുന്നേൽപ്പിച്ചതാരാണ് ഇത് പരമകാരുണികൻ വാഗ്ദാനം ചെയ്തതാണല്ലോ ദൈവദൂതന്മാർ സത്യം തന്നെയാണ് പറഞ്ഞത് ൗദ സുഹ് അത് ഒരൊറ്റ ഘോര ശബ്ദം മാത്രമായിരിക്കും അപ്പോഴതാ അവർ ഒന്നടങ്കം നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നു സല്യൌ നല ചുല്ല മുന സുഷൈ ഔന ഇല്ലോൻ അന്നേ ദിവസം യാതൊരാളോടും അനീതി ചെയ്യപ്പെടുകയില്ല നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയുമില്ല തീർച്ചയായും സ്വർഗവാസികൾ അന്ന് ഓരോ ജോലിയിലായിക്കൊണ്ട് സുഖമനുഭവിക്കുന്നവരായിരിക്കും ും അവരും അവരുടെ ഇണകളും തണലുകളിൽ അലങ്കൃതമായ കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അവർക്കവിടെ പഴവർഗ്ഗങ്ങളുണ്ട് അവർക്ക് തങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാമുണ്ട് സമാധാനം അതായിരിക്കും കരുണാനിധിയായ രക്ഷിതാവിങ്കിൽ നിന്ന് അവർക്കുള്ള അഭിവാദ്യം മുൻ കുറ്റവാളികളെ ഇന്ന് നിങ്ങൾ വേറിട്ട് നിൽക്കുക എന്ന് അവിടെ വച്ച് പ്രഖ്യാപിക്കപ്പെടും ും ആദം സന്തതികളെ ഞാൻ നിങ്ങളോട് അനുശാസിച്ചിട്ടില്ലേ നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത് തീർച്ചയായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു െ ആരാധിക്കുവിതാണ് നേരായ മാർഗം എന്ന് തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അനേകം സംഘങ്ങളെ പിശാജ് പിഴപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നവരായില്ലേ ും ഇതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരുന്ന നരകം ഇസ്ലൗ ഹലിയൂ മതിമൂ ചും നിങ്ങൾ അവിശ്വസിച്ചിരുന്നതിന്റെ ഫലമായി അതിൽ കടന്നു എരിഞ്ഞുകൊള്ളുക അന്ന് നാം അവരുടെ വായകൾക്ക് മുദ്രവെക്കുന്നതും അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കുന്നതും അവർ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി അവരുടെ കാലുകൾ സാക്ഷ്യം വഹിക്കുന്നതുമാണ് നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരുടെ കണ്ണുകളെ നാം തുടച്ചു എന്നിട്ടും പാതയിലൂടെ മുന്നോട്ട് നീങ്ങാൻ അവർ ശ്രമിച്ചേനെ എന്നാൽ അവർക്കെങ്ങനെ കാണാൻ കഴിയും ൂയ്യൂജ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ നിൽക്കുന്നേടത്തു വെച്ച് തന്നെ അവർക്ക് നാം രൂപഭേദം വരുത്തുമായിരുന്നു അപ്പോൾ മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയില്ല തിരിച്ചു പോവാനുമാവില്ല ومن نعمره ننكشف في الخلق افلا يعقلون ولولهم نام دير்காயுசு നൽഗുനെവെങ്കിൽ അവന്റെ പ്രകൃതി നാം തലതിരിച്ചു കൊണ്ടുവരുന്നു എന്നിരിക്കെ അവൻ ചിന്തിക്കുന്നില്ല وما علمناه الشعر وما ينبغي നബിക്ക് നാം കവിത പഠിപ്പിച്ചിട്ടില്ല അത് അദ്ദേഹത്തിന് അനുയോജ്യമാകുകയുമില്ല ഇത് ഒരു ഉത്ബോധനവും കാര്യങ്ങൾ സ്പഷ്ടമാക്കുന്ന കുർആാനും മാത്രമാകുന്നു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 اولم ير الانسان اننا خلقناه من نقطه فاذا هو خصيم مبين மனுஷൻ കണ്ടില്ലേ അവനെ നാം ഒരു બીജ ഗണത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് എന്നിട്ട് അവനത ഒരു പ്രത്യക്ഷമായ എതിർപ്പുകാരനായിരിക്കുന്നു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 അവൻ തന്നെ അവയ്ക്ക് ജീവൻ നൽകുന്നതാണ് അവൻ എല്ലാത്തരം സൃഷ്ടിപ്പിനെപ്പറ്റിയും അറിവുള്ളവനത്രേശ്വജൻ പച്ചമരത്തിൽ നിന്ന് നിങ്ങൾക്ക് തീ ഉണ്ടാക്കിത്തന്നവനത്രേ അവൻ അങ്ങനെ നിങ്ങളതാ അതിൽ നിന്ന് കത്തിച്ചെടുക്കുന്നു ും ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവൻ അവരെപ്പോലുള്ളവരെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനല്ലേ അതെ അവനത്രെ സർവവും സൃഷ്ടിക്കുന്നവനും എല്ലാം അറിയുന്നവനും ഇദാ താൻ ഒരു കാര്യമുദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുക മാത്രമാകുന്നു അവന്റെ കാര്യം അപ്പോഴതാ അതുണ്ടാകുന്നു ൂഇലി തൂജോ മുഴുവൻ കാര്യങ്ങളുടെയും ആധിപത്യം ആരുടെ കയ്യിലാണോ നിങ്ങൾ മടക്കപ്പെടുന്നത് ആരുടെ അടുത്തേക്കാണോ അവൻ എത്ര പരിശുദ്ധൻ